നീ അവർക്ക് രണ്ട് മനുഷ്യരുടെ ഉദാഹരണം പറയുക അവരിലൊരാൾക്ക് നാം രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ നൽകി അവയെ നാം ഈന്തപ്പനകൾ കൊണ്ട് ചുറ്റുകയും അവയ്ക്കിടയിൽ കൃഷിയിടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു